നിന്റെ രക്ഷിതാവ് മനുഷ്യരെ മുഴുവൻ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം താങ്കളോട് പറഞ്ഞ കാര്യം ഓർക്കുക നാം താങ്കൾക്ക് കാണിച്ചു സ്വപ്നവും ഖുർആാനിൽ പറയപ്പെട്ട ശപിക്കപ്പെട്ട മരവും മനുഷ്യർക്കുള്ള ഒരു പരീക്ഷണമായിട്ടല്ലാതെ നാം നാം അവരെ ഭയപ്പെടുത്തുന്നു എന്നാൽ അത് അവരെ കൂടുതൽ അതിക്രമികളാക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ